യൂണിറ്റ് തേർട്ടീൻ ലെസൺ ഫിഫ്റ്റി ത്രീ ലിസൺ ഞാൻ കളിക്കാൻ പോട്ടെ അമ്മ വേണ്ട ഇന്ന് നീ വെളിയിലെങ്ങും പോണ്ട ആകാശത്തോട്ട് നോക്ക് ആ കാർമേഘമൊന്നും നിനക്ക് കണ്ടുകൂടെ മഴ പെയ്താൽ പെയ്യട്ടെ മഴയത്ത് കളിക്കാനാണ് കൂടുതൽ രസം രസമൊക്കെ ശരി പക്ഷേ മഴ നനഞ്ഞാൽ പനി വരില്ലേ പനി വന്നാൽ എന്താ അത് നല്ല ചോദ്യം നിനക്ക് പനി വന്നാൽ അത് എളുപ്പം മാറി കിട്ടുമോ കുറെനാൾ പിന്നെ സ്കൂളിൽ പോകാനും പറ്റില്ല സ്കൂളിൽ പോകാതിരുന്നാൽ എനിക്ക് സങ്കടമൊന്നുമില്ല നേരെ മറിച്ച് എനിക്കിത് വളരെ സന്തോഷവും അതെന്താ സ്കൂളിൽ പോകാതിരുന്നാൽ ക്ലാസിൽ പോകാതെ ഇരുന്നാൽ പുതിയ കണക്കൊക്കെ എങ്ങനെ മനസ്സിലാവും മനസ്സിലാകാതെ എനിക്കൊന്നുമില്ല അതുകൊള്ളാം കണക്കുകളൊന്നും മനസ്സിലാക്കാതെ ഇരുന്നാൽ പരീക്ഷയിൽ നീ എന്തെടുക്കും കണക്കിന് ജയിക്കാതെ ഇരുന്നാൽ നീ ഈ കൊല്ലം ജയിക്കുമോ ഇല്ല ഒരു വിഷയത്തിന് തോറ്റാലും തോൽക്കും പരീക്ഷയിൽ തോറ്റാൽ അച്ഛൻ നിന്നെ വെറുതെ വിടുമോ അച്ഛന്റെ കാര്യം എന്തിനു കൊണ്ടുവരുന്നു പരീക്ഷയിൽ തോറ്റാൽ എനിക്ക് തന്നെ കുറച്ചിലാവില്ലേ ഇതൊക്കെ അറിയാമെങ്കിലും നീ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലോ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു അത്രയേ ഉള്ളൂ അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ പരീക്ഷയിൽ തോറ്റാൽ ആരെങ്കിലും സങ്കടപ്പെടാതിരിക്കുമോ സാധാരണക്കാർ സങ്കടപ്പെടും പക്ഷെ നിന്റെ കാര്യം എനിക്ക് ഊഹിക്കാൻ വയ്യ പരീക്ഷയിൽ തോറ്റാലും നിനക്കൊന്നും തോന്നാതിരുന്നേക്കും നിന്റെ തൊലിക്കട്ടി കുറച്ച് കടുപ്പം തന്നെയല്ലേ ലിസൺ ആൻഡ് റിപ്പീറ്റ് ഞാൻ കളിക്കാൻ പോട്ടെ അമ്മ ഞാൻ കളിക്കാൻ പോട്ടെ അമ്മ വേണ്ട ഇന്ന് നീ വെളിയിലെങ്ങും പോണ്ട വേണ്ട ഇന്ന് നീ വെളിയിലെങ്ങും പോണ്ട ആകാശത്തോട്ട് നോക്ക് ആകാശത്തോട്ട് നോക്ക് ആ കാർമേഘമൊന്ന് നിനക്ക് കണ്ടുകൂടെ ആ കാർമേഘം നിനക്ക് കണ്ടുകൂടെ മഴ പെയ്താൽ പെയ്യട്ടെ മഴ പെയ്താൽ പെയ്യട്ടെ മഴയത്ത് കളിക്കാനാണ് കൂടുതൽ രസം മഴയത്ത് കളിക്കാനാണ് കൂടുതൽ രസം രസമൊക്കെ ശരി രസമൊക്കെ ശരി പക്ഷെ മഴ നനഞ്ഞാൽ പനി വരില്ലേ പക്ഷേ മഴ നനഞ്ഞാൽ പനി വരില്ലേ പനി വന്നാൽ എന്താ പനി വന്നാൽ അത് നല്ല ചോദ്യം അത് നല്ല ചോദ്യം നിനക്ക് പനി വന്നാൽ അത് എളുപ്പം നിനക്ക് പനി വന്നാൽ അത് എളുപ്പം മാറിക്കിട്ടുമോ കുറെനാൾ കിടക്കേണ്ടി വരില്ലേ കുറെ നാൾ കിടക്കേണ്ടി വരില്ലേ പിന്നെ സ്കൂളിൽ പോകാനും പറ്റില്ല പിന്നെ സ്കൂളിൽ പോകാനും പറ്റില്ല സ്കൂളിൽ പോകാതിരുന്നാൽ എനിക്ക് സങ്കടമൊന്നുമില്ല സ്കൂളിൽ പോകാതിരുന്നാൽ എനിക്ക് സങ്കടമൊന്നുമില്ല നേരെ മറിച്ച് എനിക്കത് വളരെ സന്തോഷമാവും നേരെ മറിച്ച് എനിക്കത് വളരെ സന്തോഷമാവും സ്കൂളിൽ പോകാതിരുന്നാൽ ആ മുഷിപ്പൻ കണക്ക് ക്ലാസിൽ സ്കൂളിൽ പോകാതിരുന്നാൽ ആ മുഷിപ്പൻ കണക്ക് ക്ലാസിൽ പോകാതെ കഴിക്കാം ക്ലാസ്സിൽ പോകാതെ ഇരുന്നാൽ പിന്നെ പുതിയ കണക്കൊക്കെ ക്ലാസ്സിൽ പോകാതെ ഇരുന്നാൽ പിന്നെ പുതിയ കണക്കൊക്കെ എങ്ങനെ മനസ്സിലാവും എങ്ങനെ മനസ്സിലാവും മനസ്സിലാകാതിരുന്നാലും എനിക്കൊന്നുമില്ല മനസ്സിലാകാതിരുന്നാലും എനിക്കൊന്നുമില്ല അത് കൊള്ളാം അതുകൊള്ള കണക്കുകളൊന്നും മനസ്സിലാക്കാതെ ഇരുന്നാൽ കണക്കുകളൊന്നും മനസ്സിലാക്കാതെ ഇരുന്നാൽ പരീക്ഷയിൽ നീ എന്തെടുക്കും പരീക്ഷയിൽ നീ എന്തെടുക്കും കണക്കിന് ജയിക്കാതെ ഇരുന്നാൽ കണക്കിന് ജയിക്കാതെ ഇരുന്നാൽ നീ ഇക്കൊല്ലം ജയിക്കുമോ നീ ഇക്കൊല്ലം ജയിക്കുമോ ഇല്ല ഒരു വിഷയത്തിന് തോറ്റാലും തോൽക്കും ഷയത്തിന് തോറ്റാലും തോൽക്കും പരീക്ഷയിൽ തോറ്റാൽ അച്ഛൻ നിന്നെ വെറുതെ വിടുമോ പരീക്ഷയിൽ തോറ്റാൽ അച്ഛന്റെ കാര്യം എന്തിനു കൊണ്ടുവരുന്നു അച്ഛന്റെ കാര്യം എന്തിനു കൊണ്ടുവരുന്നു പരീക്ഷയിൽ തോറ്റാൽ എനിക്ക് തന്നെ കുറച്ചിലാവില്ലേ പരീക്ഷയിൽ തോറ്റാൽ എനിക്ക് തന്നെ കുറച്ചതാവില്ലേ ഇതൊക്കെ അറിയാമെങ്കിലും നീ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലോ ഇതൊക്കെ അറിയാമെങ്കിലും നീ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലോ ഞാൻ തമാശയ്ക്ക് ചോദിച്ചു ഞാൻ തമാശയ്ക്ക് ചോദിച്ചു അത്രേ ഉള്ളു അത്രേ ഉള്ളു അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ അമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ പരീക്ഷയിൽ തോറ്റാൽ ആരെങ്കിലും പരീക്ഷയിൽ തോറ്റാൽ ആരെങ്കിലും സങ്കടപ്പെടാതിരിക്കുമോ സാധാരണക്കാർ സങ്കടപ്പെടും സാധാരണക്കാർ സങ്കടപ്പെടും പക്ഷേ നിന്റെ കാര്യം എനിക്ക് ഊഹിക്കാൻ വയ്യ പക്ഷേ നിന്റെ കാര്യം എനിക്ക് ഊഹിക്കാൻ വയ്യ പരീക്ഷയിൽ തോറ്റാലും നിനക്കൊന്നും തോന്നാതെ ഇരുന്നേക്കൂ പരീക്ഷയിൽ തോറ്റാലും നിനക്കൊന്നും തോന്നാതെ ഇരുന്നേക്കും നിന്റെ തൊലിക്കട്ടി കുറച്ച് കടുപ്പം തന്നെയല്ലേ നിന്റെ തൊലിക്കട്ടി കുറച്ച് കടുപ്പം തന്നെയല്ലേ മഴ പെയ്താൽ നല്ല രസമാണ് മഴ നല്ല രസമാണ് മഴ പെയ്താൽ മഴ പെയ്താൽ പെയ്യട്ടെ മഴ പെയ്താൽ നമ്മൾ നനയും മഴ പെയ്താൽ നമ്മൾ നനയും മഴ പെയ്താൽ നമ്മൾ നനയില്ലേ മഴ പെയ്താൽ നമ്മൾ നനയില്ലേ മഴ പെയ്താലും നമ്മൾ നനയില്ലല്ലോ മഴ പെയ്താലും നമ്മൾ നനയില്ലല്ലോ ഇരുന്നാൽ വളരെ പ്രയാസമായിരിക്കും മഴ പെയ്യാതിരുന്നാൽ വളരെ പ്രയാസമായിരിക്കും മഴ പെയ്യാതെ നമ്മൾ നനയില്ല മഴ പെയ്യാതിരുന്നാൽ നമ്മൾ നനയില്ല മഴ പെയ്യാതെ നമ്മൾക്ക് കൃഷി ചെയ്യാൻ ഒക്കുമോ മഴ പെയ്യാതിരുന്നാൽ നമ്മൾക്ക് കൃഷി ചെയ്യാൻ ഒക്കുമോ മഴ പെയ്യാതെ ഇരുന്നാലും നമുക്ക് വെള്ളം കിട്ടില്ലേ മഴ പെയ്യാതെ ഇരുന്നാലും നമുക്ക് വെള്ളം കിട്ടില്ലേ പഠിച്ചാൽ നീ ജയിക്കും പഠിച്ചാൽ നീ ജയിക്കും പഠിക്കാതെ നീ ജയിക്കില്ല പഠിക്കാതിരുന്നാൽ നീ ജയിക്കില്ല പഠിക്കാതെ നീ തോൽക്കും പഠിക്കാതിരുന്നാൽ നീ തോൽക്കും പഠിക്കാതെ ഇരുന്നാലും ജയിക്കുമോ ാലും ജയിക്കുമോ പഠിക്കാതെ ജയിക്കില്ലേ പഠിക്കാതിരുന്നാലും ജയിക്കില്ലേ പഠിക്കാതെ ഇരുന്നാലും ചിലപ്പോൾ ജയിക്കും പഠിക്കാതിരുന്നാലും ചിലപ്പോൾ ജയിക്കും ബിൽഡപ് ഡ്രിൽ മോഡൽ ചിരിക്കും കുഞ്ഞ് കുഞ്ഞു ചിരിക്കും കണ്ടാൽ കണ്ടാൽ കുഞ്ഞിച്ചിരിക്കും അമ്മയെ അമ്മയെ കണ്ടാൽ കുഞ്ഞിച്ചിരിക്കും നൌ ഫോളോ ദോഡൽ സംസാരിക്കില്ല നിങ്ങളോട് നിങ്ങളോട് സംസാരിക്കില്ല ഇനി ഇനി നിങ്ങളോട് സംസാരിക്കില്ല അവൾ അവൾ ഇനി നിങ്ങളോട് സംസാരിക്കില്ല വഴക്കു പറഞ്ഞാൽ വഴക്കു പറഞ്ഞാൽ അവൾ നിങ്ങളോട് സംസാരിക്കില്ല ഇങ്ങനെ ഇങ്ങനെ വഴക്കു പറഞ്ഞാൽ അവളിനി നിങ്ങളോട് സംസാരിക്കില്ല ഇരിക്കാം മിണ്ടാതെ മിണ്ടാതെ ഇരിക്കാം ഞാനും ഞാനും മിണ്ടാതിരുന്നാൽ ഞാനും മിണ്ടാതിരിക്കാം നീ നീ മിണ്ടാതിരുന്നാൽ ഞാനും മിണ്ടാതിരിക്കാം കേൾക്കില്ലേ കുട്ടി കുട്ടി കേൾക്കില്ലേ പറഞ്ഞാലും പറഞ്ഞാലും കുട്ടി കേൾക്കില്ലേ അമ്മ അമ്മ പറഞ്ഞാലും കുട്ടി കേൾക്കില്ലേ വരില്ല അദ്ദേഹം അദ്ദേഹം വരില്ല എത്ര നിർബന്ധിച്ചാലും എത്ര നിർബന്ധിച്ചാലും അദ്ദേഹം വരില്ല നിങ്ങൾ നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും അദ്ദേഹം വരില്ല ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ നിങ്ങൾ വന്നാൽ ഞാൻ പറയും നിങ്ങൾ വന്നാൽ ഞാൻ പറയില്ല നൗ ഫോളോ ദോഡൽ അദ്ദേഹം ചോദിച്ചാൽ ഞാൻ കൊടുക്കും അദ്ദേഹം ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല അവൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകും അവൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല കള് കുടിച്ചാൽ ആരോഗ്യം നശിക്കും കള് കുടിച്ചാൽ ആരോഗ്യം നശിക്കില്ല അദ്ദേഹം പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കും അദ്ദേഹം പഠിപ്പിച്ചാൽ ഞാൻ പഠിക്കില്ല അവരെ കണ്ടാൽ അവൾ പേടിക്കും അവരെ കണ്ടാൽ അവൾ പേടിക്കില്ല റീസ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ വൺ വർത്തമാനം പറഞ്ഞാൽ വർത്തമാനം പറയാതിരുന്നാൽ വഴക്ക് കിട്ടില്ല നൗ ഫോളോ ദ മോഡൽ പഠിച്ചാൽ ജയിക്കും പഠിക്കാതിരുന്നാൽ ജയിക്കില്ല അയാളെ വിശ്വസിച്ചാൽ അപകടത്തിൽ വീഴും അയാളെ വിശ്വസിക്കാതിരുന്നാൽ അപകടത്തിൽ വീഴില്ല അവരുടെ വാക്കുകേട്ടാൽ നമുക്ക് നഷ്ടമുണ്ടാകും അവരുടെ വാക്ക് കേൾക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമുണ്ടാകില്ല വിദേശത്തു പോയാൽ എല്ലാം കിട്ടും വിദേശത്തു പോകാതിരുന്നാൽ എല്ലാം കിട്ടില്ല നിങ്ങളെ ഓർമ്മിച്ചാൽ ഞാനത് ചെയ്തു പോകും നിങ്ങളെ ഓര്മ്മിക്കാതിരുന്നാല് ഞാനത് ചെയ്തു പോകില്ല കുട്ടികള് പഠിച്ചാല് അച്ഛനമ്മമാര് സന്തോഷിക്കും കുട്ടികൾ പഠിക്കാതിരുന്നാൽ അച്ഛനമ്മമാർ സന്തോഷിക്കില്ല ടിക്കറ്റ് വാങ്ങിയാൽ സിനിമ കാണാം ടിക്കറ്റ് വാങ്ങാതിരുന്നാൽ സിനിമ കാണാൻ പറ്റില്ല അവളെ കണ്ട് കാര്യം പറയണം അവളെ കണ്ടാൽ കാര്യം പറയും നൗ ഫോളോ ദോഡൽ രാമനെ വിളിച്ച് രഹസ്യം ചോദിക്കണം രാമനെ വിളിച്ചാൽ രഹസ്യം ചോദിക്കും അവളെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരണം അവളെ കല്യാണം കഴിച്ചാൽ ഇവിടെ കൊണ്ടുവരും ഓടി വന്ന് കുഞ്ഞിനെ എടുക്കണം ഓടി വന്നാൽ കുഞ്ഞിനെ എടുക്കും നന്നായി പഠിച്ചു പരീക്ഷ ജയിക്കണം നന്നായി പഠിച്ചാൽ പരീക്ഷ ജയിക്കും ജോലി ചെയ്ത് പണം സമ്പാദിക്കണം ജോലി ചെയ്താൽ പണം സമ്പാദിക്കും വീട്ടിൽ പോയി അവളെ കാണണം വീട്ടിൽ പോയാൽ അവളെ കാണും റേഡിയോ കേട്ട് കാര്യം മനസ്സിലാക്കണം റേഡിയോ കേട്ടാൽ കാര്യം മനസ്സിലാകും മോഡൽ ത്രീ നീ പറഞ്ഞാൽ അവൻ കേൾക്കും നീ പറഞ്ഞാലും അവൻ കേൾക്കില്ല നൗ ഫോളോ ദ മോഡൽ മഴ പെയ്താൽ കൃഷി ചെയ്യാം മഴ പെയ്താലും കൃഷി ചെയ്യാൻ പറ്റില്ല വെള്ളം കിട്ടിയാൽ നമുക്ക് ദാഹം തീർക്കാൻ പറ്റും വെള്ളം കിട്ടിയാലും നമുക്ക് ദാഹം തീർക്കാൻ പറ്റില്ല നീ വന്നാൽ ഞാൻ പോകും നീ വന്നാലും ഞാൻ പോകില്ല അങ്ങനെ എഴുതിയാൽ ജയിക്കും അങ്ങനെ എഴുതിയാലും ജയിക്കില്ല വീട്ടിലെത്തിയാൽ വേഗം കിടക്കാം വീട്ടിലെത്തിയാലും വേഗം കിടക്കാൻ പറ്റില്ല പാട്ടുപാടിയാൽ കുഞ്ഞു ഉറങ്ങും പാട്ടു പാടിയാലും കുഞ്ഞുറങ്ങില്ല പണം സമ്പാദിച്ചാൽ സുഖമായി ജീവിക്കാം പണം സമ്പാദിച്ചാലും സുഖമായി ജീവിക്കാൻ പറ്റില്ല നീ പാഠം പഠിക്കാതെ പരീക്ഷയിൽ തോൽക്കും നീ പാഠം പഠിക്കാതെ പരീക്ഷയിൽ തോൽക്കില്ല നൗ ഫോളോ ദോഡൽ അവനെ കാണാതെ ഇരുന്നാൽ നമുക്ക് സുഖിക്കാം അവനെ കാണാതെ ഇരുന്നാലും നമുക്ക് സുഖിക്കാൻ പറ്റില്ല അദ്ദേഹം വരാതെ ഇരുന്നാൽ കാര്യം കുഴപ്പമാവും അദ്ദേഹം വരാതിരുന്നാലും കാര്യം കുഴപ്പമാവില്ല ഊണ് കഴിക്കാതെ ഇരുന്നാൽ നിങ്ങൾ മരിക്കും ഊണ് കഴിക്കാതിരുന്നാലും നിങ്ങൾ മരിക്കില്ല ആളുകളെ സ്നേഹിക്കാതെ ഇരുന്നാൽ നിങ്ങൾ കഷ്ടപ്പെടും ആളുകളെ സ്നേഹിക്കാതിരുന്നാലും നിങ്ങൾ കഷ്ടപ്പെടില്ല വഴി കണ്ടുപിടിക്കാതെ ഇരുന്നാൽ സമയമാകും വഴി കണ്ടുപിടിക്കാതെ ഇരുന്നാലും സമയമാകില്ല പണം സമ്പാദിക്കാതെ ഇരുന്നാൽ എല്ലാവരെയും ജയിക്കാനൊക്കും പണം സമ്പാദിക്കാതെ ഇരുന്നാലും എല്ലാവരെയും ജയിക്കാനൊക്കില്ല ആഹാരം കിട്ടാതെ ഇരുന്നാൽ കുഞ്ഞു കരയും ആഹാരം കിട്ടാതിരുന്നാലും കുഞ്ഞു കരയില്ല േഷൻ ഡ്രിൽ മോഡൽ വൺ നീ പഠിക്കും നീ ജയിക്കും ജയിക്കും നൗ ഫോളോ ദോഡൽ അവർ വരും ഞാൻ പോകും അവർ വന്നാൽ ഞാൻ പോകും ശമ്പളം കിട്ടും ഞാൻ എല്ലാവർക്കും സമ്മാനം വാങ്ങും ശമ്പളം കിട്ടിയാൽ ഞാൻ എല്ലാവർക്കും സമ്മാനം വാങ്ങും അവളെ സ്നേഹിക്കും അവളെ ഞാൻ കല്യാണം കഴിക്കും അവളെ സ്നേഹിച്ചാൽ ഞാൻ കല്യാണം കഴിക്കും അമ്മ കളിപ്പിക്കും കുഞ്ഞു ചിരിക്കും അമ്മ കളിപ്പിച്ചാൽ കുഞ്ഞിച്ചിരിക്കും അവൻ പുസ്തകം എടുക്കും ഞാൻ അത് വായിക്കും അവൻ പുസ്തകം എടുത്താൽ ഞാൻ അത് വായിക്കും മോഡൽ ടു നീ പഠിക്കില്ല നീ തോൽക്കും നീ പഠിക്കാതിരുന്നാൽ തോൽക്കും മോഡൽ അമ്മ വരില്ല കുഞ്ഞു കരയും അമ്മ വരാതിരുന്നാൽ കുഞ്ഞു കരയും കാര്യം മനസ്സിലാക്കില്ല വെറുതെ വഴക്കു പറയും കാര്യം മനസ്സിലാക്കാതെ ഇരുന്നാൽ വെറുതെ വഴക്കുപറയും പെരില്ല കരവ നില്ക്കും ാൽ കറവ് നിൽക്കും ആരെയും വിളിക്കില്ല അവൻ തനിച്ചു പോകും ആരെയും വിളിക്കാതിരുന്നാൽ അവൻ തനിച്ചു പോകും പുസ്തകം കൊടുക്കില്ല പാഠം എഴുതില്ല പുസ്തകം കൊടുക്കാതിരുന്നാൽ പാഠം എഴുതില്ല അമ്മ വിളിച്ചാലും അവൻ പോകില്ല നൗ ഫോളോ ദോഡൽ അവൻ മാപ്പു ചോദിക്കും എന്നാലും അദ്ദേഹം ക്ഷമിക്കില്ല അവൻ മാപ്പ് ചോദിച്ചാലും അദ്ദേഹം ക്ഷമിക്കില്ല അച്ഛൻ ദേഷ്യപ്പെടും എന്നാലും കുട്ടികൾ പേടിക്കില്ല അച്ഛൻ ദേഷ്യപ്പെട്ടാലും കുട്ടികൾ പേടിക്കില്ല കുട്ടി വീഴും എന്നാലും കരയില്ലും കരയില്ല എല്ലാവരും അവനെ വെറുക്കും എന്നാലും അവൻ ആരെയും വെറുക്കില്ല എല്ലാവരും അവന് വെറുത്താലും അവനാരെയും വെറുക്കില്ല അമ്മ ഉണ്ണാൻ വിളിച്ചു എന്നാലും രാധ പോകില്ല അമ്മ ഉണ്ണാൻ വിളിച്ചാലും രാധ പോകില്ല